യൂണിറ്റ് ഓണം മടുക്കാറായി ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ പള്ളിക്കൂടം മടക്കും അപ്പോ ഞങ്ങളൊക്കെ നാട്ടിൽ പോകും വസന്തയോ ഞാനെവിടെ പോകാൻ ഞങ്ങളുടെ നാട് ഇവിടെ തന്നെയല്ലേ ഇല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞാലും എനിക്ക് അത്ര രസമൊന്നുമില്ല അയ്യോ അതെന്താ ഞങ്ങളുടെ അച്ഛൻ പട്ടാളത്തിലല്ലേ അച്ഛൻ അത്ര വേഗമൊന്നും അവധി കിട്ടുകയില്ല കഴിഞ്ഞ ഓണത്തിന് വരുമെന്ന് എഴുതിയിരുന്നെങ്കിലും അച്ഛൻ ഒടുക്കമായപ്പോ അവധി കിട്ടിയില്ല അച്ഛൻ വരാഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ ഓണം കൊണ്ടാടിയതുമില്ല പുതിയ ഉടുപ്പൊന്നും തയ്റ്റില്ലേ തിരുവോണത്തിന് പായസവും നേന്ത്രക്കാവുപ്പേരിയും ഒന്നും ഉണ്ടാക്കില്ലേ ഇല്ല ഒന്നുമില്ലായിരുന്നു അച്ഛൻ വരാഞ്ഞാൽ പിന്നെ അമ്മയുടെ കയ്യിൽ അതിനൊക്കെ പൈസ ഇടുന്നു ഇത്തവണയോ ഇത്തവണ അച്ഛൻ ഓണത്തിന് വരുന്നതിനെ പറ്റി ഒന്നും എഴുതിയിട്ടേ ഇല്ല പക്ഷെ അമ്മ എനിക്കൊരു പുത്തൻ പാവാടയും ബ്ലൗസും തയ്പ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പഴയ ഒരു സാരി വെട്ടിയാണ് തയ്പ്പിക്കാൻ പോകുന്നത് അതെനിക്കറിയാമല്ലോ അന്ന് ഞാൻ കിഴക്കെയാണല്ലോ പറഞ്ഞത് നിനക്ക് എത്ര ഓണക്കോടി കിട്ടും എനിക്ക് ബോംബെന്ന് അമ്മാവന്റെ ഒരു ഫ്രോക്ക് വാങ്ങി അയച്ചിട്ടുണ്ട് എന്നെഴുത്തു വന്നു അതിവിടെ കാണും നാളെയോ മറ്റന്നാളോ കിട്ടുമായിരിക്കും പിന്നെ അച്ഛനും രണ്ടു മൂന്ന് പൊട്ടുപാവാട് വാങ്ങിത്തരും കുട്ടിയുടെ അച്ഛൻ ഒരുപാട് പണമുണ്ടല്ലേ അച്ഛൻ പ്രൈവറ്റ് ഡോക്ടറാ രോഗികളെല്ലാം ധാരാളം പണം കൊടുക്കും നിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഇത് തന്നെ എന്നോട് പറയുന്നത് എന്റെ അച്ഛനും ഒരു പ്രൈവറ്റ് ഡോക്ടറായാൽ മതിയായിരുന്നു വസന്തക്ക് എന്റെ അമ്മാവിനെ പോലത്തെ സ്വന്തക്കാരൊന്നും ഇല്ലേ അവരാരും വാങ്ങിത്തരൂലേ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ഞങ്ങളെക്കാളും പാവങ്ങളാ കുസുമേ ഞങ്ങളുടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നപ്പോൾ മാത്രം ഞങ്ങൾക്കെല്ലാം ഓണക്കോട് വാങ്ങി തരുമായിരുന്നു അപ്പൂപ്പൻ ഞങ്ങൾക്ക് നല്ല നല്ല കഥകളും പറഞ്ഞു തരുമായിരുന്നു അപ്പൂപ്പൻ മരിച്ചിട്ടിപ്പോ അഞ്ചു വർഷമായി കഷ്ടം ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അതാ നോക്കൂ കിട്ടുവുള്ള മണിയടിക്കാൻ പോകുന്നു ക്ലാസ് തുടങ്ങാറായി ഓണം മടുക്കാറായി ഓണം മടുക്കാറായി ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ പള്ളിക്കൂടം മടക്കും ഇനി രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ പള്ളിക്കൂടം മടക്കും അപ്പോൾ ഞങ്ങളൊക്കെ നാട്ടിൽ പോകും അപ്പോ ഞങ്ങളൊക്കെ നാട്ടിൽ പോകും വസന്തയോ വസന്തയോ ഞാൻ എവിടെ പോകാന് ഞാൻ എവിടെ പോകാന് ഞങ്ങളുടെ നാട് ഇവിടെ തന്നെയല്ലേ നാട് ഇവിടെ തന്നെയല്ലേ ഇല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞാലും എനിക്ക് അത്ര രസമൊന്നുമില്ല ഇല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞാലും എനിക്ക് അത്ര രസമൊന്നുമില്ല അയ്യോ അയ്യോ അതെന്തോ അതെന്താ ഞങ്ങളുടെ അച്ഛൻ പട്ടാളത്തിലല്ലേ ഞങ്ങളുടെ അച്ഛൻ പട്ടാളത്തിലല്ലേ അച്ഛൻ അത്ര വേഗമൊന്നും അവധി കിട്ടുകയില്ല അച്ഛൻ അത്ര വേഗമൊന്നും അവധി കിട്ടുകയില്ല കഴിഞ്ഞ ഓണത്തിന് വരുമെന്ന് എഴുതിയിരുന്നെങ്കിലും കഴിഞ്ഞ ഓണത്തിന് വരുമെന്ന് എഴുതിയിരുന്നെങ്കിലും അച്ഛൻ ഒടുക്കമായപ്പോ അവധി കിട്ടിയില്ല അച്ഛൻ ഒടുക്കമായപ്പോ അവധി കിട്ടിയില്ല അച്ഛൻ വരാഞ്ഞത് കാരണം അച്ഛൻ വരാഞ്ഞത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഓണം കൊണ്ടാടിയതുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഓണം കൊണ്ടാടിയതുമില്ല പുതിയ ഉടുപ്പൊന്നും തയ്ച്ചില്ലേ പുതിയ ഉടുപ്പൊന്നും തയ്ച്ചില്ലേ പുതിയ ഉടുപ്പൊന്നും തയ്ച്ചില്ലേ തിരുവോണത്തിന് പായസവും നേന്ത്രക്കൗപ്പേരിയും ഒന്നും ഉണ്ടാക്കില്ലേ തിരുവോണത്തിന് പായസവും നിയന്ത്രക്കാർ ഉപ്പേരിയും ഒന്നും ഉണ്ടാക്കിയില്ലേ ഇല്ല ഒന്നുമില്ലായിരുന്നു ഇല്ല ഒന്നുമില്ലായിരുന്നു അച്ഛൻ വരാനാൽ പിന്നെ അമ്മയുടെ കയ്യിൽ അതിനൊക്കെ പൈസ ഇവിടുന്ന അച്ഛൻ വരാഞ്ഞാൽ പിന്നെ അമ്മയുടെ കയ്യിൽ അതിനൊക്കെ പൈസ ഇവിടുന്നു ഇത്തവണയോ ഇത്തവണയോ ഇത്തവണ അച്ഛൻ ഓണത്തിന് വരുന്നതിനെ പറ്റി ഒന്നും എഴുതിയിട്ടേ ഇല്ല ഇത്തവണ അച്ഛൻ ഓണത്തിന് വരുന്നതിനെപ്പറ്റി ഒന്നും എഴുതിയിട്ടേയില്ല പക്ഷേ അമ്മ എനിക്കൊരു പുത്തൻ പാവാടയും ബ്ലൗസും തയ്പ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അമ്മ എനിക്കൊരു പുത്തൻ പാവാടയും ബ്ലൗസും തയ്പ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പഴയ ഒരു സാരി വെട്ടിയാണ് തയ്പ്പിക്കാൻ പോകുന്നത് അമ്മയുടെ പഴയ ഒരു സാരി വെട്ടിയാണ് തയ്പ്പിക്കാൻ പോകുന്നത് അതെനിക്കറിയാമല്ലോ അതെനിക്കറിയാമല്ലോ അന്ന് ഞാൻ കിഴക്കാണല്ലോ പറഞ്ഞത് അന്ന് ഞാൻ കിഴക്കെയാണല്ലോ പറഞ്ഞത് നിനക്ക് എത്ര ഓണക്കോടി കിട്ടും നിനക്ക് എത്ര കിട്ടും എനിക്ക് ബോംബെ അമ്മാവന്റെ ഒരു ഫ്രോക്ക് വാങ്ങി അയച്ചിട്ടുണ്ട് എന്ന് എഴുത്തുവന്നു എനിക്ക് പോകുമ്പേന്ന് അമ്മാവൻ ഒരു ഫ്രോക്ക് വാങ്ങി അയച്ചിട്ടുണ്ട് എന്ന് എഴുത്തുവന്നു അതിവിടെ എത്താറായി കാണും അതിവിടെ എത്താറായി കാണും നാളെയോ മറ്റന്നാളോ കിട്ടുമായിരിക്കും ോ മറ്റന്നാളോ കിട്ടുമായിരിക്കും പിന്നെ അച്ഛനും രണ്ടു മൂന്ന് പെട്ടുപാവാട വാങ്ങിത്തരും പിന്നെ അച്ഛനും രണ്ടു മൂന്ന് പെട്ടുപാവാട വാങ്ങിത്തരും കുട്ടിയുടെ അച്ഛന് ഒരുപാട് പണമുണ്ടല്ലേ കുട്ടിയുടെ അച്ഛൻ ഒരുപാട് പണമുണ്ടല്ലേ അച്ഛൻ പ്രൈവറ്റ് ഡോക്ടറാ അച്ഛൻ പ്രൈവറ്റ് ഡോക്ടറാ രോഗികളെല്ലാം ധാരാളം പണം കൊടുക്കൂ രോഗികളെല്ലാം ധാരാളം പണം കൊടുക്കും നിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഇത് തന്നെയാ എന്നോട് പറയുന്നത് നിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഇത് തന്നെയാ എന്നോട് പറയുന്നത് എന്റെ അച്ഛനും ഒരു പ്രൈവറ്റ് ഡോക്ടർ ആയാൽ മതിയായിരുന്നു എന്റെ അച്ഛനും ഒരു പ്രൈവറ്റ് ഡോക്ടർ ആയാൽ മതിയായിരുന്നു വസന്തക്ക് എന്റെ അമ്മാവനെ പോലത്തെ സ്വന്തക്കാരൊന്നുമില്ലേ വസന്തക്ക് എന്റെ അമ്മാവിനെ പോലത്തെ സ്വന്തക്കാരെന്നില്ലേ അവരാരും വാങ്ങി തരില്ലേ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ഞങ്ങളെക്കാളും പാവങ്ങളാക്കുന്നു ഞങ്ങളുടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നപ്പോ മാത്രം ഞങ്ങൾക്കെല്ലാം ഓണക്കോടി വാങ്ങി തരുമായിരുന്നു അപ്പൂപ്പൻ ഞങ്ങൾക്ക് നല്ല നല്ല കഥകളും പറഞ്ഞു തരുമായിരുന്നു അപ്പൂപ്പൻ മരിച്ചിട്ടിപ്പോ അഞ്ചു വർഷമായി കഷ്ടം ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം അതാ നോക്കൂ വിട്ടുവുള്ള മണിയടിക്കാൻ പോകുന്നു കാസു തുടങ്ങാറായി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 അപ്പോ ഞങ്ങളൊക്കെ നാട്ടിൽ പോകും വസന്തയോ വസന്തയോ ഞാനിവിടെ പോകാന് ഞാനിവിടെ പോകാന് ഞങ്ങളുടെ നാട് ഇവിടെ തന്നെയല്ലേ ഞങ്ങളുടെ നാട് ഇവിടെ തന്നെയല്ലേ ഇല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞാലും എനിക്കത്ര രസമൊന്നുമില്ല ഇല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞാലും എനിക്കത്ര രസമൊന്നുമില്ല അയ്യോ അയ്യോ അതിൻ്റെ അതെന്താ ഞങ്ങളുടെ അച്ഛൻ പട്ടാളത്തിലല്ലേ ഞങ്ങളുടെ അച്ഛൻ പട്ടാളത്തിലല്ലേ അച്ഛൻ അത്ര വേഗമൊന്നും അവധി കിട്ടുകയില്ല അച്ഛൻ അത്ര വേഗം അവധി കിട്ടുകയില്ല കഴിഞ്ഞ ഓണത്തിന് വരുമെന്ന് എഴുതിയിരുന്നെങ്കിലും കഴിഞ്ഞ ഓണത്തിന് വരുമെന്ന് എഴുതിയിരുന്നെങ്കിലും അച്ഛന് ഒടുക്കമായപ്പോ അവധി കിട്ടിയില്ല അച്ഛന് ഒടുക്കമായപ്പോ അവധി കിട്ടിയില്ല അച്ഛൻ വരാഞ്ഞത് കാരണം അച്ഛൻ വരാഞ്ഞത് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഓണം കൊണ്ടാടിയതുമില്ല ഞങ്ങളുടെ വീട്ടിൽ ഓണം കൊണ്ടാടിയതുമില്ല പുതിയ ഉടുപ്പൊന്നും കഴിച്ചില്ലേ പുതിയ ഉടുപ്പൊന്നും അയച്ചില്ലേ പുതിയ ഉടുപ്പൊന്നും തയ്ച്ചില്ലേ തിരുവോണത്തിന് പായസവും നേന്ത്ര കൗപ്പേരിയും ഒന്നും തിരുവോണത്തിന് പായസവും നേന്ത്രക്കാവ ഉപ്പേരിയും ഒന്നും ഉണ്ടാക്കിയില്ലേ ഇല്ല ഒന്നുമില്ലായിരുന്നു ഇല്ല ഒന്നുമില്ലായിരുന്നു അച്ഛൻ വരാഞ്ഞാൽ പിന്നെ അമ്മയുടെ കയ്യിൽ അതിനൊക്കെ പൈസ ഇവിടുന്ന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 വണ അച്ഛൻ ഓണത്തിന് വരുന്നതിനെ പറ്റി ഒന്നും എഴുതിയിട്ടേ ഇല്ല പക്ഷെ അമ്മ എനിക്കൊരു പുത്തൻ പാവാടയും ബ്ലൗസും തയ്പ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ എനിക്കൊരു പുത്തൻ പാവാടയും ബ്ലൗസും തയ്്പ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ പഴയ ഒരു സാരി വെട്ടിയാണ് തയ്പ്പിക്കാൻ പോകുന്നത് ടെ പഴയ ഒരു സാരി വെട്ടിയാണ് തയ്പ്പിക്കാൻ പോകുന്നത് അതെനിക്കറിയാമല്ലോ അതെനിക്കറിയാമല്ലോ അന്ന് ഞാൻ കിഴക്കാണല്ലോ പറഞ്ഞത് ഞാൻ കിഴക്കാണല്ലോ പറഞ്ഞത് നിനക്ക് എത്ര ഓണക്കോടി കിട്ടും നിനക്ക് എത്ര ഓണക്കോടി കിട്ടും എനിക്ക് ബോംബെ അമ്മാവെന്നെ ഒരു ഫ്രോക്ക് വാങ്ങി അയച്ചിട്ടുണ്ട് എന്ന് എഴുത്തു എനിക്ക് പോംബേന്ന് അമ്മാവൻ ഒരു ഫ്രോക്ക് വാങ്ങി അയച്ചിട്ടുണ്ട് എന്ന് എഴുത്തു വന്നു അതിവിടെ എത്താറായി കാണും അതിവിടെ എത്താറായി കാണും നാളെയോ മറ്റന്നാളോ കിട്ടുമായിരിക്കും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 രോഗികളെല്ലാം ധാരാളം പണം കൊടുക്കും നിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഇത് തന്നെയാ അമ്മയും എന്നോട് പറയുന്നത് നിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഇത് തന്നെയാ എന്നോട് പറയുന്നത് എന്റെ അച്ഛനും ഒരു പ്രൈവറ്റ് ഡോക്ടറായാൽ മതിയായിരുന്നു എന്റെ അച്ഛനും ഒരു പ്രൈവറ്റ് ഡോക്ടർ ആയാൽ മതിയായിരുന്നു വസന്തക്ക് എന്റെ അമ്മാവനെ പോലത്തെ സ്വന്തക്കാരൊന്നുമില്ലേ വസന്തക്ക് എന്റെ അമ്മാവനെ പോലത്തെ സ്വന്തക്കാരൊന്നുമില്ലേ അവരാരും വാങ്ങിത്തറിയില്ലേ അവരാരും വാങ്ങിത്തറിയില്ലേ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ഞങ്ങളെക്കാളും പാവങ്ങളാ കുസുമേ ഞങ്ങളുടെ സ്വന്തക്കാരൊക്കെ ഞങ്ങളെക്കാളും പാവങ്ങളാ കുസുമേ ഞങ്ങളുടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നപ്പോ മാത്രം ഞങ്ങൾക്കെല്ലാം ഓണക്കോടി വാങ്ങി തരുമായിരുന്നു അപ്പൂപ്പൻ ഉണ്ടായിരുന്നപ്പോ മാത്രം ഞങ്ങൾക്കെല്ലാം ഓണക്കോടി വാങ്ങി തരുമായിരുന്നു അപ്പൂപ്പൻ ഞങ്ങൾക്ക് നല്ല നല്ല കഥകളും പറഞ്ഞു തരുമായിരുന്നു അപ്പൂപ്പൻ ഞങ്ങൾക്ക് നല്ല നല്ല കഥകളും പറഞ്ഞു തരുമായിരുന്നു അപ്പൂപ്പൻ മരിച്ചിട്ടിപ്പോ അഞ്ചു വർഷമായി അപ്പൂപ്പൻ മടിച്ചിട്ടിപ്പോ അഞ്ചു വർഷമായി കഷ്ടം കഷ്ടം ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാ ആ കഥയൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാ അതാ നോക്കൂ വിട്ടുപിട മണിയടിക്കാൻ പോകുന്നു അതാ നോക്കൂ വിട്ടുപിടല മണിയടിക്കാൻ പോകും ക്ലാസ് തുടങ്ങാറായി ക്ലാസ് തുടങ്ങാറായി പ്രൊന പ്രാക്ടീസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങളുടെ നമ്മളുടെ നമ്മുടെ നമ്മളുടെ നമ്മളുടെ നമ്മുടെ ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ും ഇല്ല അല്ലെങ്കിലും അല്ലേലും അല്ലെങ്കിലും അല്ലേലും അവനെങ്കിലും അവനേലും അവനെങ്കിലും അവനേലും കിട്ടുകയില്ല കിട്ടുകയില്ല കിട്ടൂല്ല കിട്ടുകയില്ല കിട്ടുകയില വരികയില്ല വരികയില വരൂല തിന്നുകയില്ല തിന്നുകയില്ല തിന്നൂല യും ബ്സും പാവാടയും ബ്ലൗസും പാവാടയും ബ്ലൗസും പാവാടയും ബ്ലൗസും തലയും കാടും തലയും പാലും ും തലയും കാലും അമ്മയും ഞാനും അമ്മയും ഞാനും അമ്മയും ഓണം അടുക്കാറായി ഓണം അടുക്കാറായി മഴ പെയ്യാറായി മഴ പെയ്യാറായി വീടെ അച്ഛൻ വരാന കാരണം ഓണം ആഘോഷിച്ചില്ല അച്ഛൻ വരാഞ്ഞ കാരണം ഓണം ആഘോഷിച്ചില്ല നീ എഴുതഞ്ഞത് കൊണ്ട് ഞാനും പണം ഇല്ലഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും അപ്പൂപ്പൻ ഞങ്ങൾക്കൊക്കെ ഓണക്കോടി വാങ്ങിച്ചു തരുമായിരുന്നു അപ്പൂപ്പൻ ഞങ്ങൾക്കൊക്കെ ഓണക്കോടി വാങ്ങിച്ചു തരുമായിരുന്നു ലീല പാട്ടുപാടി ഞങ്ങളെ രസിപ്പിക്കുമായിരുന്നു ലീല പാട്ടുപാടി ഞങ്ങളെ രസിപ്പിക്കുമായിരുന്നു പണ്ടൊക്കെ ഞങ്ങൾ എന്നും അമ്പലത്തിൽ പോകുമായിരുന്നു പണ്ടൊക്കെ ഞങ്ങളെന്നും അമ്പലത്തിൽ പോകുമായിരുന്നു അമ്മ പറഞ്ഞു ഞാൻ കേൾക്കെ അമ്മ പറഞ്ഞു ബിൽഡപ് ഡ്രിൽ മോഡൽ ആകാറായി അഞ്ച് മണി അഞ്ചാകാറായി ഇപ്പോൾ ഇപ്പോൾ മണി അഞ്ചാകാറായി നൗ ഫോളോ ദ മോഡൽ കിട്ടിയില്ല ബസ് ബസ് കിട്ടിയില്ല നടക്കാഞ്ഞത് കൊണ്ട് നടക്കാഞ്ഞത് കൊണ്ട് ബസ് കിട്ടിയില്ല വേഗം വേഗം നടക്കാഞ്ഞത് കൊണ്ട് ബസ് കിട്ടിയില്ല നീ വേഗം വേഗം നടക്കാഞ്ഞത് ബസ് കിട്ടിയില്ല പഠിക്കുമായിരുന്നു താമസിച്ച് താമസിച്ച് പഠിക്കുമായിരുന്നു വീട്ടിൽ വീട്ടിൽ താമസിച്ച് പഠിക്കുമായിരുന്നു ഗുരുവിന്റെ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുമായിരുന്നു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുമായിരുന്നു പ്രാചീന ഭാരതത്തിലെ വിദ്യാർത്ഥികൾ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുമായിരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെ പ്രാചീന ഭാരതത്തിലെ വിദ്യാർത്ഥികൾ ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുമായിരുന്നു റീ സ്റ്റേറ്റ്മെന്റ് മോഡൽ വൺ ട്രെയിൻ വരാൻ സമയമായി ട്രെയിൻ വരാറായി നൗ ഫോളോ മോഡൽ പരീക്ഷ അടുക്കാൻ സമയമായി പരീക്ഷ എടുക്കാറായി വീട്ടിൽ പോകാൻ സമയമായി വീട്ടിൽ പോകാറായി ഊണ് കഴിക്കാൻ സമയമായി കുഞ്ഞിന് ഉറങ്ങാൻ സമയമായി കുഞ്ഞ് ഉറങ്ങാറായി കുട്ടികൾക്ക് കളിക്കാറായിരുന്നു അയാൾക്ക് വീട് വയ്ക്കാൻ സമയമായിരുന്നു അയാൾക്ക് വീട് വയ്ക്കാറായിരുന്നു അടക്കാൻ സമയമായിരുന്നു മഴ പെയ്യാൻ സമയമായിരുന്നു മഴ പെയ്യാറായിരുന്നു മോഡൽ ത്രീ അവൾ മിണ്ടാത്തത് ഞാൻ വെറുതെ വന്നു അവൾ മിണ്ടാത്തത് ഞാൻ വെറുതെ വന്നു നൗ ഫലത് മോഡൽ കുട്ടികൾ ഉണ്ണാത്തത് കാരണം അമ്മ വഴക്ക് പറഞ്ഞു കുട്ടികൾ ഉണ്ണാത്തത് കൊണ്ട് വരാത്തത് കാരണം ഞാനും പോയില്ല ആരും വരാത്തത് ഞാനും പോയില്ല പടം വരയ്ക്കാത്തത് സമ്മാനം കിട്ടിയില്ല പടം വരയ്ക്കാത്തത് കൊണ്ട് സമ്മാനം കിട്ടിയില്ല വെള്ളം കുടിക്കാത്തത് ദാഹം തോന്നി വെള്ളം കുടിക്കാത്തത് കൊണ്ട് ദാഹം തോന്നി മോഡൽ ഫോർ പൈലി എന്നും വൈകുന്നേരം കള്ളു കുടിക്കാറുണ്ടായിരുന്നു പൈലി എന്നും വൈകുന്നേരം കള്ളു കുടിക്കുമായിരുന്നു നാവ് ഫോളു മോഡൽ സരള കുട്ടിക്കാലേ കവിതായിരുന്നു മുതലേ കവിതായിരുന്നു ഫ്ലോറൻസ് ചെറുപ്പം മുതലേ പാവങ്ങളോട് ദയ കാണിക്കാറുണ്ടായിരുന്നു ഫ്ലോറൻസ് ചെറുപ്പം മുതലേ പാവങ്ങളോട് ദയ കാണിക്കുമായിരുന്നു രാജാക്കന്മാർ കുറ്റക്കാരെ ക്രൂരമായി ശിക്ഷിക്കാറുണ്ടായിരുന്നു രാജാക്കന്മാർ കുറ്റക്കാരെ ക്രൂരമായി ശിക്ഷിക്കുമായിരുന്നു ആദ്യമാദ്യം അയാൾ ദിവസവും സിഗരറ്റ് വലിക്കാറുണ്ടായിരുന്നു ആദ്യമാദ്യം അയാൾ ദിവസവും സിഗരറ്റ് വലിക്കുമായിരുന്നു ഡ്രിൽ പരീക്ഷ അടുക്കാറായി നീ എല്ലാം പഠിച്ചു കഴിഞ്ഞോ അടുക്കാറൊന്നും ആയില്ല ഇനിയും ഒരു മാസമില്ലേ നീ എന്തിനെ വെപ്രാവളപ്പെടുന്നു ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഫോളോ ദ മോഡൽ മണിയടിക്കാറായി വേഗമുണ് ായി വേഗം എഴുത് അമ്മ പോകാറായി നീ പുസ്തകങ്ങളൊക്കെ എടുക്ക പച്ചക്കറിയൊക്കെ വേവാറായി നീ വേഗം ആ കൂട്ടൊന്നടക്ക്